ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കുക നമ്മളിപ്പം വായിച്ചു യോഹനൻ പതിനാലാം അധ്യായം യോഹനൻ പതിനാലാം അധ്യായത്തിൽ നിങ്ങളെന്നെ പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടു തുടർന്ന് കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതും കേട്ടു അപ്പോൾ അതിന് അതിൻ്റെ തൊട്ടടുത്ത വാക്യം പറയുന്നത് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് നൽകും അപ്പോൾ ഈ വചനം കാക്കുവാൻ നമ്മൾ പാട്ട് പാടിയപ്പോൾ പാടി സത്യസാക്ഷിയായി എന്നേക്കും ഞാൻ ജീവിക്കും അപ്പോൾ സാക്ഷിയായിട്ട് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകും പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും പരിശുദ്ധാത്മാവ് എന്നൊരു കരിസ്ഥൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ആണ് നമ്മൾ നമുക്ക് വീണു നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നാൽ അതുമാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവും ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ നമുക്കറിയാമല്ലോ അപ്പൊ സ്വല ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലും യഹൂദയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മെ പലപ്പോഴും കൂട്ടുകാരുടെ മധ്യത്തിൽ മറ്റ് പല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് ബലം നൽകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അപ്പോൾ പരിശുദാത്മാവിൻ്റെ ആ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവ് എന്നെ നിറയ്ക്കണമേ എന്നെ പരിശ പരിശുധാത്മാവിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണ് പെട്ടെന്നുള്ള എൻ്റെ നിരാശ എൻ്റെ എനിക്ക് ഒരു ഒരു സാഹചര്യത്തിൽ എഴുന്നേറ്റ് നിന്ന് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് വേണം ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ള ഒരു ദാഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നമുക്ക് ലഭിക്കുന്നത് അവിടെ നമ്മൾ യോഹനേഴാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ ദാഹത്തോടെ പലപ്പോഴും പല കാര്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തെ കണ്ടു കർത്താവേ അങ്ങനെ ഇത്രത്തോളം സ്നേഹിക്കുന്നു കർത്താവിൻ്റെ സ്നേഹത്തെ കണ്ട് ഞാൻ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ശക്തിയില്ല അപ്പോൾ ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ കർത്താവ് നിങ്ങളെ സഹായിക്കും ഞാനൊരു കാര്യസ്ഥനെ നൽകുന്നു കർത്താവ് എനിക്ക് പരിശോധന നിറവ് വേണം ദാഹത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക യോനാനേഴിൽ അല്ലേ അവിടെ പറയുന്നത് അവിടെ മുപ്പത്തിയേഴാം വാക്യം ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ദാഹത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു ഇത് അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് അപ്പോൾ നിങ്ങളെ ആ രീതിയിൽ തുടർന്നും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയും നിങ്ങൾ ആഗ്രഹിക്കുക കർത്താവ് എല്ലാ ഉദവിയും ഈ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം നിങ്ങൾക്ക് നൽകും ദൈവം നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇപ്പം